്രഹ്മ ജിജ്ഞാസ അല്ലെ ജിജ്ഞാസ എന്ന് പറയുന്നതിന്റെ അർത്ഥത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ജിജ്ഞാസയാ സന്ത സന്ദേഹ പ്രയോജന ജിജ്ഞാസ എന്ന് പറയുന്ന ഈ ശബ്ദം കണ്ടത് രണ്ട് കാര്യങ്ങളെ സൂചിപ്പിക്കുകയാണ് ഒന്ന് സന്ദേഹം മറ്റൊന്ന് പ്രയോജനം യും സൂചിപ്പിക്കുന്നു എന്ന് വെച്ചാൽ ശബ്ദം അർത്ഥത്തെ സൂചിപ്പിക്കുന്നു നേരിട്ട് വാച്യമായ അർത്ഥത്തെ പറയല്ല രക്ഷണയിലൂടെ അർത്ഥത്തെ പറയല്ല ഒരു ശബ്ദത്തിന് പല അർത്ഥങ്ങളെയും കുറിച്ചുള്ള ബോധം ഉണ്ടാക്കാൻ കഴിയും അത് വാച്യവുമല്ല ലക്ഷ്യവുമല്ല എന്ന് പറയുമ്പോൾ അത് സൂചിപ്പിക്കുന്നു സൂചിപ്പിക്കുന്ന പറയുന്നു അതുപോലെ എന്താ കാരണം സന്ദേഹം സംശയം ഉണ്ടെടുത്താണ് ഇന്നുണ്ടാകുന്നത് അടുത്ത മുറിയിൽ ശബ്ദം കേൾക്കുന്നു ശബ്ദം കേൾക്കുമ്പോ അവിടെ സംശയം ഉണ്ടാകും എന്തുകൊണ്ട് ശബ്ദം കേൾക്കുന്നു മനുഷ്യനാണോ എലിയാണോ സംശയം ഉണ്ടാകും സംശയം ഉണ്ടായി കഴിഞ്ഞാൽ അത് എന്താണ് കൃത്യമായിട്ട് മനുഷ്യനാണോ എലിയാണോന്ന് അറിയാനുള്ള ആഗ്രഹം ഉണ്ടാകും ജിജ്ഞാസ് അപ്പോ സംശയം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തുവരും ജിജ്ഞാസിയുണ്ടാവും പിന്നെ ഇനി ഇതൊക്കെ എന്തിനു വേണ്ടി സംശയമുണ്ടാകുന്നു ജിജ്ഞാസ അറിയാൻ ആഗ്രഹമുണ്ടാകും ഇപ്പൊ അറിഞ്ഞിട്ടിപ്പോൾ എന്താണ് അപ്പോ പ്രയോജനം അതിനോടൊപ്പം വരുന്ന കാര്യങ്ങൾ എന്ത് പ്രയോജനം അപ്പോൾ ഒരാൾക്ക് സംശയമുണ്ടാകുന്നു ജിജ്ഞാസുണ്ടാകുന്നു പിന്നെ പ്രയോജനം അതിനോട് തുടർന്നുണ്ടാകുന്നു എന്തായാലും പ്രയോജനം ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ജിജ്ഞാസ എന്ന് പറയുന്ന ഈ പദത്തിലൂടെ സൂചിപ്പിക്കുന്നു എന്നാണ് അത് സൂചിപ്പിക്കുന്ന പറയാൻ കാരണം ജിജ്ഞാസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷണാവൃത്തിയിലൂടെ വിചാരം എന്നുള്ള അർത്ഥത്തെ എടുക്കണം എന്നിട്ട് കർത്തവ്യപഥം അവിടെ അധ്യാരിക്കണം എന്നിട്ട് ബ്രഹ്മ ജിജ്ഞാസ എന്ന് പറഞ്ഞാൽ ബ്രഹ്മവിചാര കർത്തവ്യ എന്ന അർത്ഥം പറയണമെന്നൊക്കെ ആര് ആര് പറഞ്ഞു വിവരണകാരം പറഞ്ഞു അതൊന്നുമല്ല ശരി ഇവിടെ ഇനി തുറന്നു ഭാഗങ്ങളിലും ഭാഷക്കാരൻ ജിജ്ഞാസപദിക്കും ചിലടത്ത് അവിടെ വിചാരമെന്നായിരിക്കും അർത്ഥം ചിലയിടത്ത് വിജ്ഞാസ ഞാൻ വിച്ഛ എന്നുള്ളതായിരിക്കും ഏതർത്ഥവും സന്ദർഭമനുസരിച്ചെടുക്കാം അപ്പോ ഈ ജിജ്ഞാസപദം സൂചിപ്പിക്കുന്നുണ്ടെന്നാണ് ആടെ അഭിപ്രായം ഈ ഒരു ശബ്ദം അനേക അർത്ഥങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട് വിചാരം എന്നുള്ള അർത്ഥം എടുക്കാതെ ജിജ്ഞാസ ശബ്ദത്തിന് വിചാരം എന്നുള്ള അർത്ഥവും എടുക്കാതെ എന്ത് ചെയ്യുന്നു സൂചിപ്പിക്കുന്നു ഓരോ സന്ദർഭം അനുസരിച്ച് സൂചിതമായ അർത്ഥങ്ങളെല്ലാം എടുക്കുന്നതാണ് ആരുടെ പക്ഷം ഭാവനീകാരന്റെ പക്ഷം അതാണ് ഇവിടെ പറഞ്ഞത് ജിജ്ഞാസ ജിജ്ഞാസയെ സന്ദേഹ പ്രയോജന ശബ്ദം കൊണ്ട് സന്ദേഹത്തെയും സൂചിപ്പിക്കുന്നു തത്ര സാക്ഷാത് ഇച്ഛാവ്ഞാനം പ്രയോജനം ഈ രണ്ടെണ്ണത്തിലേതാണ് സന്ദേഹവും പ്രയോജനം തത്ര എന്ന് വെച്ചാൽ തയോഹവും ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളിൽ സാക്ഷാത് ഇച്ഛാ വ്യാപ്യത്വ സാക്ഷാത് എന്നുവെച്ച നേരിട്ട് ഇച്ഛാ വ്യാപ്യത്വ ഇച്ഛയുടെ വിഷയമായതുകൊണ്ട് വ്യാപ്യം വെച്ച വിഷയം നേരിട്ട് ഇച്ഛയുടെ വിഷയമാണത് ബ്രഹ്മജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ് ബ്രഹ്മത്തെ അറിയുന്നതിനുള്ള ആഗ്രഹം ആഗ്രഹം ഉണ്ടായാൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാകുന്നയാള് ശ്രവണ മനനങ്ങളുടെയൊക്കെ എന്ത് സംഭവിക്കും ബ്രഹ്മജ്ഞാനം ഉണ്ടാകും അപ്പോൾ ഇച്ഛയുടെ നേരിട്ടുള്ള പ്രയോജനം എന്താണ് ബ്രഹ്മജ്ഞാനമാണ് അത് ആണെന്ത് കണ്ടോക്തം പറയുക കണ്ടോക്തമെന്ന് വെച്ചാൽ നേരിട്ട് പറയും കണ്ഠോക്തമെന്ന് പറയുന്നു നേരിട്ട് പറയുന്ന പ്രയോജനം ജിജ്ഞാസ എന്ന് പറയുന്ന പദത്തിലൂടെ നേരിട്ട് വെളിപ്പെടുത്തുന്ന പ്രയോജനം എന്താണ് ബ്രഹ്മജ്ഞാനമാണ് കാരണം ഇച്ഛയും ജ്ഞാനവും തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ട് സാധാരണ പറയും ഇച്ഛതി ജാന ആഗ്രഹിക്കുന്നു അറിവുണ്ടാകും എങ്ങനെയൊരു വിഷയത്തെക്കുറിച്ച് നമ്മൾ ആഗ്രഹിച്ചാൽ പിന്നെ ഗ്രഹിക്കുന്ന വിഷയത്തിൽ പ്രവർത്തിക്കുമ്പോ ആ വിഷയത്തെ കുറിച്ച് എന്താകും ജ്ഞാനം ഉണ്ടാവും അപ്പൊ ജിജ്ഞാസ എന്ന് പറഞ്ഞാൽ തന്നെ അതിൽ നിന്ന് നേരിട്ട് പറയുന്ന പ്രയോജനം എന്താണ് ബ്രഹ്മജ്ഞാനമാണ് അപ്പൊ ബ്രഹ്മജിജ്ഞാസയുടെ നേരിട്ടുള്ള പ്രയോജനം ബ്രഹ്മജ്ഞാനം അതാണ് കണ്ടോക്തം പ്രയോജനം സാക്ഷാത് പ്രയോജനം അത് ജിജ്ഞാസാ പദത്തിൽ നിന്ന് തന്നെ തന്നെ കിട്ടും എങ്ങനെ കിട്ടും അതൊക്കെ അതിൽ സൂചിപ്പിക്കുന്നുണ്ട് അതല്ല അതുകൊണ്ട് നേരിട്ടെന്ന് പറഞ്ഞു കർമ്മജ്ഞാനാത് പരാചീനം അനുഷ്ഠാനമ ബ്രഹ്മജ്ഞാനാത് പരാചീനം ധർമ്മ ജിജ്ഞാസയിലൊരു പ്രശ്നമുണ്ട് അവിടെ ധർമ്മ വിചാരത്തിലൂടെ ധർമ്മജ്ഞാനം ഉണ്ടാകും ഇതുപോലെ തന്നെ ബ്രഹ്മജിജ്ഞാസന്ന് പറഞ്ഞാൽ അതിലൂടെ ബ്രഹ്മവിചാരത്തിലൂടെ അവിടെയും ബ്രഹ്മ ധർമ്മവിചാരത്തിലൂടെ അവിടെ എന്തുണ്ടാവും ധർമ്മജ്ഞാനം ഉണ്ടാകും പക്ഷെ അവിടെ ധർമ്മജ്ഞാനം ഉണ്ടായപ്പോലെ പിന്നെന്ത് വേണം കർമ്മം അനുഷ്ഠിക്കണം അപ്പം ധർമ്മ ജിജ്ഞാസ പിന്നെ ധർമ്മ ജ്ഞാനം പിന്നെ ബാക്കി കിടക്കുന്നത് എന്താണ് ധർമ്മ അനുഷ്ഠാനം എന്നുവെച്ചാ എന്താണ് ധർമ്മം എന്ന് അവിടെ ജിജ്ഞാസ ഉണ്ടാകുന്നു അപ്പോൾ അറിവുണ്ടാകുന്നു യാഗാതിരേവധർമ്മ ധർമ്മം എന്താണ് യാഗം അപ്പൊ ധർമ്മ വിചാരം ചെയ്തു കഴിഞ്ഞാൽ എന്താണ് യാഗം എങ്ങനെ ചെയ്യണം തുടങ്ങിയ എല്ലാ അറിവും അപ്പോൾ അവിടെ ഞാനുണ്ടായി ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ എന്തു ചെയ്യണം യാഗം ചെയ്യണം അതിന്റെ വിധിയനുസരിച്ച് എല്ലാ സജ്ജീകരണങ്ങളും കോപ്പ് കൂട്ടി യാഗം ചെയ്യണം പറയുന്നത് കർമ്മജ്ഞാനാത് പരാചീനം അനുഷ്ഠാനം ഇവ പൂർവവിമാംസി പറയുന്നതിനനുസരിച്ച് കർമ്മജ്ഞാന കർമ്മജ്ഞാനത്തിന് പരാചീനം പശ്ചാത്തല കർമ്മജ്ഞാനത്തിന് ശേഷം അനുഷ്ഠാനം കർമ്മജ്ഞാനത്തിന് ശേഷം അവിടെ എന്തുവേണം അനുഷ്ഠാനം വേണം അതുപോലെ ബ്രഹ്മജ്ഞാനാത് പരാചീനം ബ്രഹ്മജ്ഞാനത്തിന് ശേഷം ഒന്നും തന്നെ എന്നിച്ച് അനുഷ്ഠാനമെല്ലാം നടത്തും സാറിന് പറയുന്നത് എന്താണ് ആദ്യം ബ്രഹ്മജ്ഞാനം നേടുന്നു ബ്രഹ്മജ്ഞാനം എങ്ങനെ നേടും സാറിന് ആൾക്കാർ പറയുന്നത് എന്താണ് പുസ്തകങ്ങളൊക്കെ വായിക്കണം വിവേക ചൂടാമണി അത് ഇതൊക്കെ വായിച്ചിട്ട് എന്ത് ചെയ്യണം ബ്രഹ്മത്തെക്കുറിച്ചുള്ള ജ്ഞാനം നേടും ജ്ഞാനം നേടിയതിന് ശേഷം പിന്നെ എന്ത് ചെയ്യണം ധ്യാനിക്കണം കർമ്മം ചെയ്യണം ർമ്മാണ് നിധ്യാസ്യാനിച്ചിട്ടാണ് പിന്നെ അടുത്ത് എന്തൊക്കെയോ സംഭവിക്കുന്നു ഇവിടെ പറയുന്നങ്ങനെ എന്താണ് ബ്രഹ്മജ്ഞാനാ പരാചീനം കിഞ്ചിതസ്ഥിഞ്ചിതസ്ഥി ബ്രഹ്മജ്ഞാനത്തിനു ശേഷം പിന്നെ ഒന്നുമില്ല മനസ്സിലായ അതിനുശേഷം ്രഹ്മജ്ഞാനത്തിന് ശേഷം ധ്യാനിക്കണോന്ന് പറയുന്നതോ ഇവിടെ പറയുന്ന ജ്ഞാനത്തിന് ശേഷം പിന്നെ ഒന്നും ചെയ്യേണ്ട കിഞ്ചിതസ്ഥി ഒന്നുമില്ല കർമ്മജ്ഞാനത്തിന് ശേഷം അനുഷ്ഠാനം ഉള്ളതുപോലെത്തിന് ശേഷം അനുഷ്ഠാനം ഇല്ല അപ്പൊ പിന്നെ സാറിന് പറയുന്നത് ബ്രഹ്മജ്ഞാനം ഉണ്ടായതിനു ശേഷമാണ് പിന്നെ എന്ത് ചെയ്യേണ്ടത് ധ്യാനിക്കേണ്ടത് അതിനെന്താ പറയുന്നത് അതിന് ഭാഗികാരം പറയുന്നത് ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത് ആദ്യം എന്തു ചെയ്യണം സവികൽപ്പ സമാധി ഉണ്ടാവണം അവിടെ ബ്രഹ്മത്തിന്റെ സവികല്പ സമാധി സവികല്പജ്ഞാനം ഉണ്ടാവും മനസിലായോ അഹം ബ്രഹ്മാസ്മി എന്നുണ്ടതുപോലെ ആ സവികല്പ സമാധിയുടെ പരിപക്വ അവസ്ഥയിൽ നിർവികൽപ്പ സമാധി ഉണ്ടാവും അവിടെയാണ് ജ്ഞാനം ആ ജ്ഞാനത്തിന് ശേഷം പിന്നെ ഒന്നും ചെയ്യാൻ ആ പാമതികാരന്റെ അഭിപ്രായം അതിന് പാമതികാരൻ ഞാൻ വിശദീകരിച്ച് പറയും സമാധിയിലെ ആ നിർവികല്പ സമാധിയിലുണ്ടാകുന്ന അതായത് ഇവിടെ പറയുന്നത് നിർഗുണ ബ്രഹ്മത്തെ കുറിച്ചാണ് അപ്പൊ ആ നിർഗുണബ്രഹ്മത്തിനെ കുറിച്ചാണ് അറിയില്ല അജ്ഞാനത്തിന്റെ വിഷയം എന്താണ് അജ്ഞാനത്തിന്റെ വിഷയം നിർഗുണ ബ്രഹ്മമാണ് ഇവര് രാമായീനം പറയുന്ന പോലെ സഗുണബ്രഹ്മല്ല അജ്ഞാനത്തിന്റെ വിഷയം പിന്നെ എന്താണ് നിർഗുണബ്രഹ്മം അജ്ഞാനത്തിന്റെ വിഷയം നിർഗുണബ്രഹ്മമായതുകൊണ്ട് ആ നിർഗുണസ്രഹ്മത്തെക്കുറിച്ചുള്ള ജ്ഞാനം വിഷയമാക്കുന്ന ജ്ഞാനം ഉണ്ടാവും ആ നിർവിക നിർഗുണബ്രഹ്മത്തെ വിഷയമാക്കുന്ന ജ്ഞാനം എവിടെ ഉണ്ടാവു നിർവികൽപ്പ സമാധിയിലുണ്ടാവും ആ സമാധിയില് ഉണ്ടാകുന്ന ആ നിർഗുണ ബ്രഹ്മത്തെ വിഷയമാക്കുന്ന ജ്ഞാനം എന്തിനും അജ്ഞാനത്തെ നശിപ്പിക്കും കാരണം അജ്ഞാനത്തിന്റെയും ജ്ഞാനത്തിന്റെയും ായിരിക്കണം അജ്ഞാനത്തിന്റെ അധികരണം ഇവിടെ അവിടെ തന്നെ ജ്ഞാനം ഉണ്ടായാലേ ആ ജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിക്കും ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പുസ്തകം പുസ്തകത്തെ കുറിച്ച് എനിക്ക് അറിവില്ല എന്നുവെച്ചാ എന്റെ അജ്ഞാനത്തിന്റെ വിഷയമായിരിക്കുന്ന എന്താണ് പുസ്തകം ഇനി ഈ അറിവില്ലായ്മ മാറണമെങ്കിൽ എനിക്ക് എന്ത് വേണം പുസ്തകത്തെക്കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാവണം അപ്പൊ എന്റെ ജ്ഞാനത്തിന്റെ വിഷയം എന്തായിരിക്കണം അപ്പൊ ഇവിടെ അദ്വൈതി പറയുന്നത് നിങ്ങൾക്ക് അറിവില്ലാത്ത എന്തിനെ കുറിച്ചാണ് നിർഗുണ ബ്രഹ്മത്തെക്കുറിച്ചാണ് അപ്പൊ ആ നിർഗുണ ബ്രഹ്മത്തെക്കുറിച്ച് അറിവുണ്ടായാലേ എന്തോ ഒരു ആ അജ്ഞാനം നശിക്കത്തുള്ളൂ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ജ്ഞാനം അജ്ഞാനത്തെ നശിപ്പിക്കുക അപ്പൊ നിങ്ങൾക്ക് എന്തിനെ കുറിച്ചാണ് അറിവില്ലാത്തത് നിർഗുണ ബ്രഹ്മത്തെ കുറിച്ച് നിർഗുണ ബ്രഹ്മമാണ് അജ്ഞാനത്തിന്റെ വിഷയം ആ നിർഗുണബ്രഹ്മ അജ്ഞാനത്തിന്റെ വിഷയമായിരിക്കുമ്പോ ആ അജ്ഞാനീണോ എന്ത് വേണം നിർഗുണ ബ്രഹ്മത്തെ കുറിച്ചുള്ള വേണം ഈ അപരോക്ഷം ഞാൻ എവിടെയുണ്ടാവു സമാധി അപ്പൊ പിന്നെ കുത്തവം വായിച്ചത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന അറോ അതൊക്കെ അതുകൊണ്ട് നേരെ സവികല്പ സമാധി ആദ്യം പോണം ക്രമമായിട്ടേ ഉണ്ടാകത്തുള്ളു അതും പറയത്ത ആദ്യം എവിടെ പോണം സവികല്പ സമാധി അവിടെ പോയിട്ട് പിന്നെ എവിടെ പോണം നൃവികല്പ സമാധി അയ്യെ പിന്നെ എന്താണ് ഈ സവികല്പ സമാധി എന്തൊക്കെയാണ് നൃവികൽപ സമാധി എന്ന് വെച്ചാൽ അതൊക്കെ പോയിട്ട് ഞാൻ പിന്നെ പറഞ്ഞുതരാ ഇപ്പൊ പറയുന്നത് മനസ്സിലായ അപ്പൊ ആദ്യം എവിടെ പോണം സവികല്പ സമാധി അത് കഴിഞ്ഞ് അവിടെ പോണം നൃവികൽപ സമാധി ജ്ഞാനത്തെ നശിപ്പിച്ചിട്ട് നിക്കുമ്പോ പിന്നെ സംഭവിക്കും പിന്നെ ഒന്ന് സംഭവിക്കാനില്ല അതാണ് ഇവിടെ പറയുന്ന എന്താണ് ബ്രഹ്മജ്ഞാനാത് പരാചീനം ആ നൃുകൽപ്പ സമാധിയിലെ ബ്രഹ്മജ്ഞാനത്തിന് ശേഷം പശ്ചാത്തലം നകഞ്ഞത് പിന്നൊന്നും പ്രവർത്തിക്കാനില്ല പിന്നെ ബ്രഹ്മം ഇങ്ങനെ പ്രകാശിച്ചുകൊണ്ടേ അതാണ് ക്രിയ എന്ന് പറയും ഇത് എവിടെന്നു യോഗത്തിൽ പറയുന്ന സമ്പ്രജ്ഞാത സമാധിയിലൂടെ എന്താക്കി മാറ്റിയത് സവികല്പ എവിടെ പറയുന്ന അസംപ്രജ്ഞാത സമാധി എന്താക്കി മാറ്റി സമാധി ഇതാണ് ആദ്യം വാമതി കാരണം എന്ന് പറയാൻ പറ്റില്ല കാരണം വിവരണത്തിലുണ്ട് വാമതി കാരണം പറയുന്നു ആ ഈ വ്യാഖ്യാതനങ്ങൾ വന്നതിന് ശേഷമാണ് ആര് മറ്റേ ആനന്ദഗിരി ഇങ്ങനെയുള്ള വ്യാഖ്യാതകൾ ഭാഷകാരന് ഈ രണ്ട് സമാധിയെ കുറിച്ചും പറയുന്നുണ്ട് അത് സവികല്പ സമാധിയെക്കുറിച്ചും നിർവികല്പ സമാധിയെ കുറിച്ചും ഒന്നും പറയുന്നില്ല അവിടെ ജ്ഞാനം എന്ന് മാത്രമേ പറയുന്നുള്ളൂ തത്വജ്ഞാനം അങ്ങനെ പറയുന്നത് ഇവരെല്ലാം വ്യാഖ്യാതാക്കൾ വന്നിട്ട് എന്തു ചെയ്തോ കാരണം എന്തെന്ന് വെച്ചാൽ അദ്വൈത ഭാഷ്യം വന്നു കഴിഞ്ഞപ്പോൾ അതിനെതിരായിട്ട് ഒരുപാട് ആക്ഷേപങ്ങളൊക്കെ ഉണ്ടായി അപ്പോ പല കാര്യങ്ങൾക്കും ശരിയായ രീതിയിൽ മറുപടി പറയുന്നതിന് വേണ്ടിയിട്ട് എന്തിനാ കൊണ്ടുവന്നു ഈ സമാധി കൂടെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴാണ് പല കാര്യങ്ങൾക്കും ഒരു മറുപടി പറയാൻ ഇവർക്ക് കൂടുതൽ സൗകര്യപ്രദമായ മറുപടി എന്ന് തോന്നിയത് കൊണ്ട് ഇങ്ങനെ യോഗത്തിൽ നിന്ന് സമാധി ഇവിടെ കൊണ്ടുവന്ന് അങ്ങനെ മറുപടി പറഞ്ഞു അതായത് ആരെങ്കിലും എന്താണ് സമാധി പോയിരുന്നത് കണ്ടിട്ടു എന്ന് പറഞ്ഞൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ ശങ്കരായ സമാധി പോയിരുന്നിട്ടു പറയണവരും ഞാനത് ആ സമാധി പോയി തിരിച്ചു വന്നു ശങ്കരായത് പറയുന്നില്ല അപ്പൊ ഈ വ്യാഖ്യാനം എഴുതി ആരും തന്നെ പറയുന്നില്ല ഞങ്ങളുടെ സമാധിയാണ് മനസ്സിലായോ ഇപ്പൊ അവധിക്കാരനും പറയുന്നില്ല എന്താണോ ഞാൻ സമാധി പോയി വന്ന് എന്റെ സമാധിയെ കുറിച്ചാണ് പറയുന്നത് പറയുന്നില്ല സമാധി സമാധി സമാധി എന്ന് പറയുന്നു അത് ആരുടെ സമാധി എന്ന് സമാധി എന്ന് പറയുന്നത് ഒരു തന്തയില്ലാത്ത പിള്ളയായി ഇതിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ എന്നാ എല്ലാരും പറയുന്നുണ്ട് ഇങ്ങനൊരു പിള്ളയുണ്ടെന്ന് ആരുടെ അതാരും കേൾക്കുന്നില്ല അതായാലും പറയുന്നില്ല ഇങ്ങനെ ഉണ്ടെന്ന് പറയുന്നു ആർക്ക് ഏറ്റു പറയണ്ടിതായ ഭാവനികാരൻ പറയണ്ടി ഇതാണ് എന്റെ സമാധി ഞാൻ സമാധി പോയു അത് ശങ്കരായാലും പറയുന്നില്ല ഭാവനികാരനും പറയുന്നില്ല വിവരണകാരനും പറയുന്നില്ല ഇവരെല്ലാം ഈ സമാധി ഉണ്ടെന്ന് പറയുന്നേ എങ്ങനെ യോഗത്തിൽ വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച അവസാനം ഇതിനെവിടെ കൊണ്ടെത്തിച്ച് സമാധി കൊണ്ടെത്തിച്ചിരിക്കുന്നു എന്നിട്ട് പിന്നെ അവർ പറയുന്ന എന്താണ് ഇങ്ങനെയുള്ള ഒരു സമാധി ചിലർക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ആർക്കൊക്കെ അത് വേണ്ടി വന്നാൽ പറയും ഒരു വാമദേവനുണ്ട് ശുഭബ്രഹ്മർഷി ഉണ്ട് അവരുണ്ട് ഇവരുണ്ട് ഇങ്ങനെ ചില ആൾക്കാർക്ക് സമാധി ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സമാധി ഉണ്ടോ ഇവരോട് ആരും ചോദിക്കൊന്നുമില്ല ഇവരുണ്ടെന്നും പറയുന്നില്ല ഇല്ലെന്നും പറയുന്നില്ല സമാധിക്ക് ശരിക്കും പറഞ്ഞാൽ തന്തയില്ല മനസ്സിലായോ അതാരും ഏറ്റെടുക്കുന്നില്ല എന്താണെന്ന് എനിക്കറിയത്തില്ല എന്നാ ഈ അടുത്ത കാലത്തൊക്കെ പിന്നെ നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കിയാൽ കാണാൻ ചിലർക്ക് ഇങ്ങനെ സമാധി അതുകൊണ്ട് എന്നിട്ട് കണ്ണു പറഞ്ഞിട്ടുള്ള ഇതുവരെ ഞാൻ നിരവധി സമാധിയിലായിരുന്നു ഇംഗ്ലീഷിലാണ് പറയുന്നതെന്നേ ഉള്ളൂ ഉപരിക്കുന്ന സായിപ്പന്മാർ അതുകൊണ്ട് പോകും ഇല്ല ഇത് ഒരാളിൽ പറയുന്നില്ല ഇത് സവികല്പ സമാധിയാണ് കണ്ടോണ്ടിരിക്കുന്നത് എന്താ മനസ്സിലാകും കുറെ സമയം കണ്ണടച്ചിരുന്നിട്ട് പറയണേ ഇതുപോലെ സവികല്പ സമാധിയില്ലായിരുന്നു പിന്നെ വീണ്ടും കുറെ സമയം കണ്ണടച്ചിട്ട് ഇരുന്നിട്ട് പറയണെന്താണ് ഇതായിപ്പം നെറുവേൽപ്പ സമാധിയില്ലായിരുന്നു സാഹിബന്മാർ മുമ്പ് കണ്ണും വിളിച്ച് അന്തം വിട്ടിരിക്കുന്നു ഞാൻ നോക്കിയിട്ട് രണ്ട് സമാധി തമ്മിൽ ഒരു വ്യത്യാസമില്ല ആദ്യത്തെ സമാധിയിലും കണ്ണടച്ച് രണ്ടാമത്തെ സമാധിയിലും കണ്ണടച്ചു അതാണ് ഇന്നത്തെ സമാധി ആണ് പറയുന്നത് എന്താണ് ആ സമാധിയെ വെച്ചുകൊണ്ടാണ് പറയുന്നത് ബ്രഹ്മജ്ഞാനാത്പരാജീനം അപ്പൊ അതിനൊന്നുമ്പുള്ള ജ്ഞാനമൊക്കെ പരോക്ഷഞാനം മനസ്സിലായോ ബ്രഹ്മജ്ഞാനാത് പരാജീനം കിഞ്ചിതസ്ഥി ഒന്നും തന്നെ ഇല്ല അവാന്തരപ്രയോജനം ഭവ അങ്ങനെ മറ്റെന്തെങ്കിലും ഉണ്ടായിരുന്നു എങ്കിൽ ബ്രഹ്മജ്ഞാനത്തിന് ശേഷം ഏതുപോലെ കർമ്മജ്ഞാനം പോലെ അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ ബ്രഹ്മജ്ഞാനം അവാന്തരപ്രയോജനം ഇതിനിടയ്ക്ക് വരുന്ന ഒരു പ്രയോജന ഏതുപോലെ കർമ്മജ്ഞാനം പോലെ കർമ്മജ്ഞാനം അവാന്തരപ്രയോജനമാണ് എന്തുകൊണ്ട് അവിടെ ജ്ഞാനം ഉണ്ടായതിനുശേഷം അനുഷ്ഠാനമുണ്ട് അനുഷ്ഠാനത്തിന് ശേഷം പിന്നെ എന്തുണ്ട് സ്വർഗമുണ്ട് അപ്പോ പൂർവ്വമീമാംസയുടെ വിചാരത്തിൽ നിന്നുണ്ടാകുന്ന മുഖ്യപ്രയോജനമല്ല കർമ്മജ്ഞാനം അതെന്താണ് അവാന്തരപ്രയോജനമാണ് മുഖ്യമല്ലാത്തതിനാണ് അവാന്തരം എന്ന് പറയും മുഖ്യമല്ലാത്ത പ്രയോജനം പിന്നെ അവിടെ ധർമ്മ ജിജ്ഞാസ എന്ന് പറഞ്ഞാൽ ധർമ്മവിചാരം കൊണ്ട് ധർമ്മജ്ഞാനം ഉണ്ടാവുന്ന വെച്ചാൽ കർമ്മജ്ഞാനുണ്ട് ധർമ്മം എന്നു വെച്ചാൽ കർമ്മമാണ് കർമ്മജ്ഞാനം ഉണ്ടായിട്ട് പിന്നെ എന്തു കർമാനുഷ്ഠാനം അപ്പോ ഈ പറയുന്ന കർമ്മജ്ഞാനത്തെ അപേക്ഷിച്ച് മുഖ്യമാണെന്ത് കർമ്മജ്ഞാനത്തെ അപേക്ഷിച്ച് മുഖ്യമാണെന്ത് കർമാനുഷ്ഠാനം ഇനി കർമാനുഷ്ഠാനത്തെ അപേക്ഷിച്ച് മുഖ്യമാണെന്ത് എന്റെ ഫലം അപ്പോ മുഖ്യമെന്ന് പറയുന്നത് സ്വർഗാദി ഫലമാണ് ഫലത്തെ അപേക്ഷിച്ച് അനുഷ്ഠാനം അവാന്തര പ്രയോജനമാണ് അനുഷ്ഠാനത്തെ അപേക്ഷിച്ച് കർമ്മജ്ഞാനവാര പ്രയോജനമാണ് അവാന്തരമായ കർമ്മജ്ഞാനത്തെ അപേക്ഷിച്ച് അനുഷ്ഠാനം മുഖ്യപ്രയോജനമാണ് ആ മുഖ്യപ്രയോജനമായിരിക്കുന്ന കർമ്മ അനുഷ്ഠാനത്തെ അപേക്ഷിച്ച് മുഖ്യപ്രയോജനമാണ് അങ്ങനെ പോകാണ്ട് ഇവിടെ ഒന്നുമില്ല ബ്രഹ്മജ്ഞാനം ഉണ്ടായോ പിന്നെ വേറെ ഒന്നുമില്ല ബ്രഹ്മജ്ഞാനം ഉണ്ടാവുന്നു അജ്ഞാനം നശിക്കുന്നു മോക്ഷം ബ്രഹ്മജ്ഞാനത്തിന് ശേഷം വരെ എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായിരുന്നുവെങ്കിൽ അവാന്തരപ്രയോനം അതൊരു അന്യപ്രയോജനമായി തീർന്നെ ഹിന്ദു മറിച്ച് ബ്രഹ്മമീമാംസാഖ്യ തർക്കി വേദാന്തം നിർവിചികിത്സം ബ്രഹ്മജ്ഞാനമേവ ുഖ ഉപരൂപം ആനന്ദീകരസം പരമം പ്രയോജനം തന്റെ സിദ്ധാന്തം താങ്ക് തീർത്തു പറഞ്ഞിരിക്കുകയാണ് ഇവിടുത്തെ പരമമായ പ്രയോജനം എന്താണ് ബ്രഹ്മജ്ഞാനമേവ സമസ്ത ദുഃഖ ഉപശമരൂരസം അതാണ് പരമപ്രയോജനം ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഇവിടെ ഈ പറയുന്ന കാര്യം വ്യക്തമല്ല മുമ്പോട്ട് എഴുതുമ്പോൾ ഭഗവതികാലം വ്യക്തമാകും ബ്രഹ്മജ്ഞാനം പരമപ്രയോജനം എന്ന് പറയാം പക്ഷെ ആനന്ദേകരസമാണ് ബ്രഹ്മജ്ഞാനം എന്ന് പറയാൻ പറ്റില്ല ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത് എന്താണ് നിർഗുണ ബ്രഹ്മത്തെ കുറിച്ചുള്ള ജ്ഞാനം ഈ ജ്ഞാനം ആനന്ദമല്ല അജ്ഞാനമല്ല ആനന്ദം പിന്നെന്താണ് ആനന്ദം എന്താണ് ആനന്ദം ബ്രഹ്മം തലം ബ്രഹ്മമാണ് ആനന്ദശ്വരം അപ്പൊ ഇവിടെ ബ്രഹ്മജ്ഞാനം ആനന്ദേകരസം എന്ന് പറയുന്നത് കൊണ്ട് എടുക്കേണ്ടത് ബ്രഹ്മജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിച്ച് ശേഷിക്കുന്നതായ ആ നിർഗുണ ബ്രഹ്മം അതാണെന്ത് ആനന്ദേകരസം അതാണ് ആനന്ദേകസ്വഭാവം അപ്പൊ ബ്രഹ്മജ്ഞാനം എന്നുള്ള അപ്പൊ ഞാന് രണ്ടു തരത്തിലുണ്ടോ ഒന്ന് സ്വരൂപജ്ഞാനവും മറ്റൊന്ന് വൃത്തിജ്ഞാനവും സ്വരൂപജ്ഞാനം എന്ന് പറയുന്നത് ബ്രഹ്മം തന്നെ വൃത്തിജ്ഞാനം എന്ന് പറയുന്നത് ബ്രഹ്മത്തെക്കുറിച്ചുള്ള ജ്ഞാനം ഇവിടെ ആദ്യം ബ്രഹ്മജ്ഞാനം എന്ന് പറഞ്ഞിരിക്കുന്നത് ബ്രഹ്മത്തെക്കുറിച്ചുള്ള ഞാനാണ് ബ്രഹ്മത്തെ അറിയുന്ന ഞാൻ അത് എന്താണ് ആനന്ദ എൻ്റെ അടുത്ത ആ ബ്രഹ്മജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിച്ച് പിന്നെ ബ്രഹ്മമേണുള്ളൂ പിന്നെ ബ്രഹ്മത്തിൽ നിന്ന് അതിരക്തമായ ഇവിടെ ഒരു ബ്രഹ്മജ്ഞാനം ഇല്ല ബ്രഹ്മം ബ്രഹ്മജ്ഞാനം അങ്ങനെ ദ്വൈതമില്ല ബ്രഹ്മ സ്വരൂപജ്ഞാനം മാത്രമേ വിഷയമാക്കുന്ന ഒരു ജ്ഞാനം ഇല്ല ബ്രഹ്മസ്വരൂപജ്ഞാനം അതിനെയാണ് ആനന്ദേകരസംന്ന് പറയുന്നത് അതാണ് അതങ്ങനെയുള്ളതാണ് ബ്രഹ്മജ്ഞാനം ഏവാന്ന് വെച്ചാൽ ബ്രഹ്മജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിച്ച് ശേഷിക്കുന്നതായ ബ്രഹ്മസ്വരൂപമായിരിക്കുന്ന ആ ജ്ഞാനം സമസ്ത ദുഃഖ ഉപശമരൂപം സമസ്ത ദുഃഖങ്ങളുടെയും ഉപശമ രൂപത്തിലുള്ളതാണ് സർവ ദുഃഖ നിവൃത്തി രൂപത്തിലുള്ളതാണ് പിന്നെ എന്താണ് ആനന്ദീകരസം ആനന്ദമാകുന്ന ഏക സ്വഭാവത്തോടുകൂടി ഇതുമാണ് എന്ത് ബ്രഹ്മ ബ്രഹ്മജ്ഞാനമല്ല ബ്രഹ്മ എന്ന് മനസ്സിലാക്കണം അതാണ് പരമം പ്രയോജനം എന്തിന്റെ പ്രയോജനം പരമമായ പ്രയോജനം ബ്രഹ്മജിജ്ഞാസ അവസാനം എത്തിച്ചേർന്ന ഇവിടെ പരമം അനന്തേക രസോ നിശ്ചേക സ്വഭാവമായിരിക്കുന്ന പല ബ്രഹ്മത്തിലാണ് അവിടെയാണ് എത്തിച്ചേരുന്നത് അതെങ്ങനെ സമസ്ത ദുഃഖവശമ രൂപം സർവ്വ ദുഃഖങ്ങളെയും ശമിപ്പിക്കുന്നതാണ് ബ്രഹ്മജ്ഞാനം അജ്ഞാനം നശിച്ചു അജ്ഞാന ദുഃഖം അതും നശിച്ചു അങ്ങനെയാണ് സർവ സമസ്ത എന്ന് പറയുന്നു ബ്രഹ്മജ്ഞാനം ഉണ്ടായെന്ത് നശിക്കും അജ്ഞാനം നശിച്ച് എന്ത് നശിക്കും അജ്ഞാനകാര്യങ്ങൾ അജ്ഞാനകാര്യങ്ങൾ നശിക്കുമ്പോ എന്ത് നശിക്കും എല്ലാ ദുഃഖങ്ങളും നശിക്കും ആ എല്ലാ ദുഃഖങ്ങളും നശിച്ചു കഴിഞ്ഞാൽ ശേഷിക്കുന്നത് ബ്രഹ്മം ആ ബ്രഹ്മം എന്താണ് ആനന്ദ്കരസം ഇത്രയും മനസ്സിലാകും ആനന്ദ ഏകരസം എന്നു ബ്രഹ്മത്തെ ഇതൊക്കെ ഭാമധികാരന്റെ പ്രക്രിയ അനുസരിച്ച് പറയുന്ന പിന്നെ അതെങ്ങനെയാണ് ഇത് ഈ പറയുന്ന ഇത് ഈ പറയുന്ന ആനന്ദേകരസമായ പരമപ്രയോനത്തിന് ഇത് വേണം ബ്രഹ്മജ്ഞാനം ആ ബ്രഹ്മജ്ഞാനം എങ്ങനെയുണ്ടാവും പറയുന്നു ബ്രഹ്മമീമാംസാഖ്യ ബ്രഹ്മമീമാംസ എന്ന് പറയപ്പെടുന്നു ആഖ്യാ പേര് പറയപ്പെടുന്നു മീമാംസ എന്ന് പറഞ്ഞാ എന്താണ് പറയപ്പെടുന്ന തർക്കംസാഖ്യ തർക്കം എന്ന് വെച്ചാൽ തർക്കം എന്ന് വെച്ചാൽ എന്താണ് യുക്തി ആ യുക്തി തർക്ക ഇതികർത്തവ്യത തർക്കമാകുന്ന ഇതികർത്തവ്യത ഇതി കർത്തവ്യതെന്നു വെച്ചാൽ വ്യാപാരം വ്യാപാരം ഇപ്പൊ ഇവിടുത്തെ പ്രവൃത്തി എന്താണ് ബ്രഹ്മമീമാംസ എന്ന് പറയുന്ന യുക്തി വിചാരമാണ് ഇവിടുത്തെ പ്രവൃത്തി അതാണ് തർക്കത ആ ഇതികർത്തവ്യത ഇതികർത്വ്യതാ ഇതികർത്വത കൊണ്ട് അനുജ്ഞാതമായ വിഷയഹി വേദാന്തീ അനുജ്ഞാതമായ വിഷയങ്ങളുള്ളതായ വേദാന്തനിഷത്ത് വിചാരത്തിലൂടെ സിദ്ധമാകുന്നതായ വിഷയങ്ങൾ ഉള്ളതായ വേദാന്തം അത് ആ വിചാരത്തിലൂടെ സിദ്ധമാകുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ് ജീവാത്മ പരമാത്മ പോലെയുള്ള വിഷയങ്ങൾ ജഗന്മിഥ്യാത്വം പോലെയുള്ള വിഷയങ്ങൾ അതൊക്കെയാണ് ബ്രഹ്മമീമാംസ എന്ന് പറയപ്പെടുന്ന തർക്കം യുക്തിയാകുന്ന ഇതികർത്ത അതിലൂടെ സിദ്ധമാകുന്ന വിഷയങ്ങളുള്ളതായ വേദാന്തത്തിലൂടെ ആഹിതമായ നിർവ്യചികിത്സം ബ്രഹ്മജ്ഞാനം സംശയരഹിതമായ ബ്രഹ്മജ്ഞാനം എന്ത് സമാധി വരെ പോകും അതുകൂടെ പറയുന്നില്ല ഇനി പറഞ്ഞോ മനസിലായോ എന്നൊരു വിചികിത്സ എന്ന് പറഞ്ഞാൽ സംശയരഹിതമായ ബ്രഹ്മജ്ഞാനമേവ ആ ബ്രഹ്മജ്ഞാനം മാത്രമാണ് അതിനപ്പുറം ഒരു പരിപാടിയിലേ ഉള്ളൂ അതുകൊണ്ടാണ് ഇവിടെ ബ്രഹ്മജ്ഞാനം എങ്ങനെ നേടുന്നു ഉം ബ്രഹ്മമീമാംസയിലൂടെ വിചാരത്തിലൂടെ അപ്പൊ വിചാരത്തിലൂടെ നേടുന്ന ബ്രഹ്മജ്ഞാനം എന്ന് പറയുമ്പോൾ അതിന്റെ ഇടയ്ക്ക് വരുന്ന ധ്യാനം അതിലൂടെ വരുന്ന സമാധി ഇതെല്ലാം എടുത്തോളാണ് ഒരിടത്തെല്ലാം പറയണമെന്നില്ല അതൊക്കെ ക്രമേണ പറഞ്ഞോളൂ സമാധിയെ കുറിച്ചൊക്കെ മനസ്സിലായോ ഇവിടെ തുടക്കത്തിൽ ഇങ്ങനൊന്ന് ഓടിച്ചു പറയാണ് വിചാരത്തിലൂടെ ഞാനുണ്ടാവും എന്ന് പറഞ്ഞാൽ നേരിട്ട് അങ്ങ് വിചാരം ചെയ്താൽ ഞാനൊന്നും ഉണ്ടാകത്തില്ല ഞാനുണ്ടാവണമെങ്കിൽ ഇവിടെ പോണം സമാധി പോണ് അതുകൂടെ പറഞ്ഞില്ലാന്ന് വിചാരിച്ച് കൊറവ് വിചാരിക്കേണ്ട അതിനി പറയും അപ്പൊ അങ്ങനെ സമാധിയിൽ ഉണ്ടാകുന്ന നിർവിചികിത്സമായിട്ടുള്ള ബ്രഹ്മജ്ഞ അതാണ് എന്തുകൾപ സമാധിയിലെ ബ്രഹ്മജ്ഞ അത് അത് തന്നെയാണ് സമസ്ത ദുഃഖവശുമ്പോ അപ്പൊ പിന്നെ ജ്ഞാനത്തിന് ശേഷം അവിടെ എന്തെങ്കിലും ചെയ്യണ്ടോ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എപ്പോ ചെയ്യണം സമസ്തവശമരൂപം സമസ്ത ദുഃഖ ഉപശമു സർവ ദുഃഖങ്ങളോട് ഉപ ദുഃഖം ഇല്ലാതാകുന്നു എന്ന് പറഞ്ഞാൽ എന്തൊരു വെറും ഒരു ശൂന്യത ആയിപ്പോ ദുഃഖമില്ലാതാക കേവലമായ ഒരു ശൂന്യതയ്ക്ക് വേണ്ടി ആരും പ്രവർത്തിക്കത്തില്ല പ്രവർത്തിക്കണമെങ്കിൽ അവിടെ ഇഷ്ട സാധനതാ ജ്ഞാനം ഇഷ്ടം സുഖമാണ് സുഖത്തിന്റെ ഉപകരണമാണെന്ന് അറിഞ്ഞാലേ ആൾക്കാർ പ്രവർത്തിക്കത്തുള്ളൂ അപ്പൊ ഈ പറയുന്ന ബ്രഹ്മവിചാരത്തിൽ ബ്രഹ്മമീമാംസയിൽ പ്രവർത്തിക്കണമെങ്കിൽ എന്തറിയണം ഈ വിചാരത്തിന്റെ ഫലമായി എന്തുണ്ടാവും സുഖമുണ്ടാവും അതുകൊണ്ടാണ് കൂടെ പറഞ്ഞത് അത് കേവലം ദുഃഖ ഉപശമല്ല ദുഃഖമില്ലാതാകുന്നില്ല മറിച്ചെന്താണ് ആനന്ദേകരസം ആനന്ദം എന്ന് പറയുന്ന ഏക സ്വഭാവം അവിടെ ഏകരസം എന്തോ പറയുന്നു അവിടെ ആനന്ദം മാത്രമേ ഉള്ളൂ വേറെ ഒന്നും ഇല്ല വെറുതെ ആനന്ദൻ പേര് അടിച്ചുകൊണ്ടിരണം മനസിലായി എല്ലാത്തിനും ഈ പേരിന്റെ കൂട്ടത്തില് എന്തു ആനന്ദ ആനന്ദം അതുകൊണ്ട് എന്താ പ്രയോജനം ആനന്ദം തീർത്തി എന്തിനാ ഈ ആനന്ദ സ്വരൂപ ആനന്ദം ആ സ്വരൂപന്തെന്ന് അറിഞ്ഞ പോലെ പിന്നെ എന്തുവേണം ഇവിടെ പറയുന്ന പരമാനന്ദ ഏകരസം വെറും ആനന്ദ വിനയോ പരമാനന്ദ ഏകരസം ഏക സ്വഭാവത്തോടുകൂടിയ പരമം പ്രയോജനം അതാണ് നിശ്രേയസം അപ്പൊ ആ നിർവികല്പ സമാധിയിൽ ചെന്നിട്ട് അയാൾ ആനന്ദസ്വരൂപമായ ബ്രഹ്മമായിരിക്കുന്നു എന്നാണ് മനസ്സിലായ അതാണ് മുക്തി എന്ന് പറയുന്നത് നിശ്രേയസംന്ന് പറഞ്ഞ എന്താ എന്റെ അർത്ഥം ഈ പറയുന്നു ചങ്കരായ മുക്തിയിൽ ആനന്ദ അഭിവ്യക്തി ഇല്ല എന്നാണ് ചന്ദ്രായർ പറഞ്ഞത് പരമമായ പ്രയോജനം എന്ന് വെച്ചാൽ അതിനു മുമ്പ് പല പ്രയോജനങ്ങളും നഹാന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊന്നും ഇതിനകത്തില്ല അങ്ങ് അതാണ് ഞങ്ങളുടെ പ്രയോജനം ഞങ്ങളെന്ന് പറഞ്ഞാല് അദ്വൈരികൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രയോജനം ഉണ്ട് എന്താണ് പോലെ അല്ല അവർക്കെന്താണ് കർമ്മജ്ഞാനത്തിന് ശേഷം പിന്നെ അനുഷ്ഠാനം ഞങ്ങൾക്ക് ബ്രഹ്മജ്ഞാനത്തിന് ശേഷം പിന്നെ ഒന്നുമില്ല ബ്രഹ്മജ്ഞാനം എന്ന് ഞങ്ങൾക്ക് പരവുമായ പ്രയോജനമാണ് ഴുതി വച്ചാണ് ഈ പറയുന്ന ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്ന പരമപ്രയോജനം ഉണ്ടാവും ഉണ്ടാവും എന്തുകൊണ്ട് പരമാനന്ദത്തിൽ പ്രയോജനം ഉണ്ടായാൽ പിന്നെ പുള്ളിക്ക് വേറെ ചെയ്യാൻ സമയം കിട്ടത്തില്ല വേറെ സമയം വരത്തില്ല പിന്നെ പുള്ളി നിശ്ചലമായ പരമാനന്ദത്തിൽ അജ്ഞാനം വെച്ച് പിന്നെ ഇങ്ങനെ ഇത്രയും ദർശനങ്ങൾക്ക് വ്യാഖ്യാനമായിരുന്നു അതെ ഭക്ഷണം ഭക്ഷണം കഴിക്കാതിരുന്ന മരിച്ചുമ്പോ എത്ര ദിവസം പിടിച്ചിരിക്കുമെന്ന് പറയാൻ പറ്റില്ല നമ്മള് പ്രകാശാന സമയം എത്ര ദിവസം കഴിക്കുമ്പോ ഭക്ഷണം കഴിക്കാറ് വൈറ്റമിൻസ് ഒക്കെ കഴിച്ചോണ്ട് അതൊന്നും ഇല്ലാതെ ബ്രഹ്മജ്ഞാനത്തെ അത് തിരുതമ്പരാനന്ദ ആചാര അങ്ങനെയല്ല അത്രയും ദിവസം ഇരുത്തി അവിടെ അതുപോലെ അല്ലേ ഇത് ഇത് ബ്രഹ്മജ്ഞാനം വന്നു കഴിഞ്ഞാൽ പരമാനന്ദത്തി ഇത് പിന്നെ വേറെ ചില എന്താണ് യോഗശാസ്ത്രം വെച്ചുകൊണ്ട് ചിലർ ചില കല്പനകളൊക്കെ എടുക്കുന്നുണ്ട് ഇങ്ങനെ ബ്രഹ്മാനന്ദ രസം അങ്ങനെ ഇരിക്കുമ്പോ ഒരു പ്രത്യേക ശക്തി എവിടെ വരും ഈ ശരീരത്തിൽ വരും അതുകൊണ്ട് ശരീരം നശിച്ചു പോകത്തില്ല ആയുസ്സിൽ ഇട്ടതുപോലെയോ ഒക്കെ ഇത് അഴുകാതെ അങ്ങനെയിരിക്കും നശിക്കാതിരിക്കും എന്നൊക്കെ പറയുന്നവരും തം അർത്ഥം അതികൃത്തി പ്രേക്ഷാവന്ത പ്രവൃത്തേ തരാ ഹിമേ തിങ്ങവ്യ കാമുന്ത പ്രകർഷ് ഖപ്രം വരും തിങ്ങന്തത്തിനും ഖപ്രത്തേം വരാം ആദിക്യത്ത് കാണിക്കുക എന്താണ് പ്രവർത്തന്ത പ്രവർത്തന്തൂപാണ് ക്രിയാരൂപത്തിനും തദ്പ്രത്യം വന്നിരിക്കുന്നു തരാ അങ്ങം പ്രവർത്തിക്കുന്നു ആര് പ്രേക്ഷാവ വിവേകൾ പ്രേക്ഷാ വിവേകി വിശേഷമായ ഇച്ഛ ദർശനം ബോധം മാർഗൻ പ്രേക്ഷ അങ്ങനെ വിവേകമുള്ളവർ പ്രവർത്തിക്കുന്നു ഇവിടെ തം അർത്ഥം അധികൃത്യ ആ പരമപുരുഷാർത്ഥത്തെ അധികൃത്യ അതിനെ മുൻനിർത്തി ആ പരമപുരുഷാർത്ഥത്തെ മുൻനിർത്തി എന്ത് വിവേകികൾ പ്രവർത്തിക്കുന്നു അവരെന്ത് ചെയ്യുന്നു ശ്രവണം മനനം നൈദ്യക്രമത്തിലൂടെ സവികല്പ നിറവികല്പ സമാധിയിലൂടെ ആ ജ്ഞാനത്തെ സമ്പാദിച്ച് അജ്ഞാനത്തെ നിശിപ്പിച്ചു എന്താണ് സർവ സമസ്തതക്കു വശമരു മാനന്ദേകരസമാകുന്ന പരമനിശ്രേസത്തിൽ പ്രവർത്തിക്കുന്നു അതിനുവേണ്ടി അതാണ് എന്തിനും ഈ വേദാന്തം അതിന്റെ പ്രയോജനമാണ് ഈ പറഞ്ഞത് എന്തിനും ബ്രഹ്മജിജ്ഞാസ അതിന്റെ പ്രയോജനമാണ് തച്ചപ്രാപ്തമൊപ്പി അനാന്ത്യ അവിദ്യാവശാപ്രാപ്തമി വേദി പ്രേപ്സിതംഭവതി പറയുന്നു ഈ ബ്രഹ്മാനന്ദം എന്ന് പറയുന്നത് ബ്രഹ്മത്തിന്റെ സ്വരൂപമാണ് അപ്പോ എല്ലാവരും ബ്രഹ്മസ്വരൂപമാണ് സർവരും എല്ലാവരും ബ്രഹ്മസ്വരൂപാണെങ്കി പിന്നെ ഇനി അതിനെന്തിനു പ്രാപിക്കണം ഇത്രയും അനുഷ്ഠാനം ചെയ്ത് എന്തിനാ അതിനെ പ്രാപിക്കുന്നത് എന്തുകൊണ്ട് എല്ലാവരും എന്താണ് ബ്രഹ്മമാണ് എന്നുവെച്ചാൽ എല്ലാവരും ബ്രഹ്മസ്വരൂപമാണ് പിന്നെ അതിനുവേണ്ടിട്ട് ഈ ശ്രവണവും മന്മൊക്കെ കേന്ദ്രീയ അതിനാണ് സമാനം പറയുന്നത് തച്ചപ്രാപ്തം മുമ്പ് ശരിയാണ് എല്ലാവരും ബ്രഹ്മസ്വരൂപമാണ് എല്ലാവരും ബ്രഹ്മത്തെ പ്രാപിച്ചിരിക്കന്നെയാണ് പ്രാപ്ത അനാദ്യ അവിദ്യാവശ് നേരത്തെ പറഞ്ഞല്ലോ അവിദ്യ സചിവിവർത്തേ തുടക്കത്തി അങ്ങനെയുള്ള അനാദിയായി പ്രാപ്തമപി അനാദി അവിദ്യാവശാ അത് പ്രാപ്തമാണ് നിത്യപ്രാപ്തമാണ് ഇതെല്ലാവർക്കും ഈ പറയുന്ന നിർഗുണബ്രഹ്മം നിത്യപ്രാപ്തമാണെങ്കിലും അനാദ്യം അവിദ്യ കൊണ്ടുവന്നിരുന്നു അപ്രാപ്തമിബേരി അത് അപ്രാപ്തം പോലെ ഓരോരുത്തർക്കും തോന്നുന്നു ഞാൻ ബ്രഹ്മത്തെ പ്രാപിച്ചിട്ടില്ല എനിക്ക് ബ്രഹ്മത്തെ പ്രാപിക്കണം ഞാൻ മുക്തനില്ല എനിക്ക് മോക്ഷത്തെ നേടണം ഞാൻ എനിക്ക് ജ്ഞാനമില്ല എനിക്ക് ജ്ഞാനത്തെ നേടണം എന്നിൽ അജ്ഞാനം നശിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് അജ്ഞാനത്തെ നശിപ്പിക്കണം അപ്പൊ എന്താണോ താൻ എല്ലാ എല്ലാം എന്താണ് താൻ പൂർണ്ണമായിരിക്കുന്നു ഞാൻ എന്താണ് കേവലമായ ബ്രഹ്മമാണ് അജ്ഞാനശൂന്യനാണ് അവിടെ ഒരു തരത്തിലുള്ള മറയുമില്ല അത് ആനന്ദ സ്വരൂപനാണ് ഇതൊക്കെയാണെങ്കിലും അവ എന്തു വിചാരിക്കുന്നു അനാദ്യ അപ്രാപ്തം ഇവ അപ്രാപ്തമായതുപോലെ പ്രസിദ്ധിതം ഭഗവതി ആ ബ്രഹ്മത്തെ പ്രാപിക്കാൻ താത്പര്യമുള്ളവനായിത്തീരുന്നു സ്വയം അതാണെങ്കിൽ തന്നെ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നുണ്ട് അനുദാനം പറയുന്നു യഥാസ്വ ഗ്രീവാഗതം സ്വന്തം കഴുത്തിൽ കിടക്കുന്ന ഗ്രീവാകഴുത്ത് സ്വന്തം കഴിവത്തിൽ കിടക്കുന്നതായാഭരണം തന്റെ വെത്തിഭരണം കുതശ്ചിൻ നിമിത്ത എന്തോ കാരണം കൊണ്ട് ഇല്ല എന്ന് കരുതുന്നവൻ മനസ്സിന്റെ ഏകാഗ്രത ഇല്ലായ്മ എന്ത് വിചാരിക്കുന്നു മനസാന്നിധ്യം ഉണ്ടാക്കുന്നുണ്ട് പറയുന്നു മാല കഴുത്തിൽ ഇല്ലായെന്ന് വിചാരിക്കുന്നു മന്യു പരേണ പ്രതിവാദിതം വേറെ ആൾ പറഞ്ഞു കൊടുക്കുന്നു എന്താണ് നീ തിരക്കുന്ന മാല എന്റെ കഴുത്തിൽ തന്നെ ഉണ്ട് എന്ന് അന്യൻ ബോധിപ്പിക്കുമ്പോൾ അപ്രാപ്തമീവ പ്രാപ്ന മതി ഇപ്പൊ എനിക്ക് പുതുതായി കിട്ടിയതുപോലെ ഇതുവരെ ഞാൻ എന്നിൽ മാലയില്ലായിരുന്നു എന്നുള്ളതുപോലെ പ്രാപിക്കുന്നു അതുപോലെ തന്നെയാണ് ഇവിടെ ബ്രഹ്മത്തെ പ്രാപിക്കുന്നത് നിശ്രേസ പ്രാപിക്കുന്നു നിശ്രേയസം എന്ന് പറയുന്നത് ബ്രഹ്മസ്വരൂപമാണ് മുക്തി ബ്രഹ്മസ്വരൂപമാണ് നിത്യസിദ്ധമാണ് അപ്പൊ എല്ലാം മുക്തി ഉൾപ്പെടെ എല്ലാം എന്താണ് നിത്യസിദ്ധമായി അങ്ങനെ ആയിരുന്നിട്ടും എന്തു ചെയ്യുന്നു കഴുത്ത് കിടക്കുന്ന കാണാതെ പോയി ആരെങ്കിലും പറഞ്ഞു വരുമ്പോൾ താ എനിക്ക് മാല ഞാൻ കണ്ടെത്തി എന്ന് കരുതുന്ന പോലെ എന്തു ചെയ്യുന്നു ഒരാൾ ഈ സാധനങ്ങളെല്ലാം ചെയ്തതിനു മുക്തിയെ പ്രാപിക്കുന്നത് പോലെ പ്രാപിക്കുകയല്ല അപ്പം സ്വയം തോന്നുകയാണ് എന്താണ് ഞാൻ മുക്തനായി അതാണ് പ്രതി അപ്രാപ്തം ഇവ പ്രാപ്തീ ഇതുവരെ പ്രാപിക്കാതിരുന്നത് എന്നതുപോലെ എന്ത് ചെയ്യുന്നു പ്രാപിക്കുന്ന മാത്രമേ ഉള്ളൂ അപ്പൊ അതിനും ഉത്തരം പറയും കാരണം ജ്ഞാനം എന്ന് പറയുന്നത് സ്വസ്വരൂപമാണെങ്കിൽ പിന്നെ ജ്ഞാനത്തെ സമ്പാദിച്ച് മുക്തി എന്തിനു നേടണം ആണ് ചോദ്യം ജ്ഞാനം എന്ന് പറയുന്നത് സ്വരൂപമാണ് പിന്നെ ജ്ഞാനത്തെ സമ്പാദിച്ച് മുക്തി എന്തിനു എന്നാണ് പറഞ്ഞെ ആ സ്വരൂപഭൂതമായിരിക്കുന്ന ജ്ഞാനം എപ്പോഴും സിദ്ധമായിരിക്കണം പക്ഷേ അനാദി അവിദ്യ കൊണ്ട് എന്തു അത് അസിദ്ധമായതുപോലെ അനുഭവപ്പെടുന്നു അതുകൊണ്ട് ജ്ഞാനം കൊണ്ട് ആ വിദ്യയെ പോയി എന്ന് കരുതിയ മാലയെ കണ്ടെത്തിയതുപോലെ ഒന്നും നഷ്ടപ്പെട്ടില്ല അതുപോലെ എന്ത് ചെയ്യുന്നു സുസ്വരൂപമായിരിക്കുന്ന നിശ്രേയസത്തെ മോക്ഷത്തെ പ്രാപിക്കുന്നു എന്ന് കരുതുന്നു അത് അദ്വൈതത്തിന്റെ ഏറ്റവും മർമ്മ പ്രധാനമായ ആശ്ചര്യമാണ് മോക്ഷത്തെ പുതുതായിട്ട് സൃഷ്ടിക്കുന്നില്ല നേടുന്നില്ല അത് നിത്യസിദ്ധമാണ് പക്ഷെ അവിദ്യ കൊണ്ട് എന്ത് ചെയ്യുന്നു മോക്ഷം ഇല്ലാത്തതുപോലെ ഇവിടെ എന്ത് ചെയ്യുന്നു ആരെങ്കിലും പറഞ്ഞു കൊടുക്കുകയാണ് എന്റെ കഴുത്തിൽ മാല കടക്കുന്നു അതുപോലെ എവിടെ എന്താണ് ആരെങ്കിലും ഒരു ഗുരു പറഞ്ഞു കൊടുക്കുകയാണ് തത്വ സീ ബോധം ഉണ്ടാകുന്നു ഹം ബ്രഹ്മസ്മി ഇത്രയേ അതിനാണ് ഈ ഉദാഹരണം പറഞ്ഞത്